ം നാൽപ്പത്തിയേഴ് അങ്ങനെ യോസെഫ് ചെന്നു എന്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്ത് നിന്ന് വന്നു ഗോശൻ ദേശത്ത് ഇരിക്കുന്നുവെന്ന് പറവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തന്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് പറവോന്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ പറവോൻ അവന്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് ചോദിച്ചതിന് അവർ പറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്നു പറഞ്ഞു ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചലില്ല അടിയങ്ങൾ ഗോശൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവർ പറവോനോട് പറഞ്ഞു പറവോൻ യോസെഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ മിശ്രയും ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം അവർ ഗോശൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എന്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു യോസെഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്ന് അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു യാക്കോബ് ഫറവോനോട് എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം വത്സരമായിരിക്കുന്നു എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ എന്റെ പിതാക്കന്മാരുടെ പരദേശപ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യാക്കോബ് പറവോനെ പിന്നെയും അനുഗ്രഹിച്ചു പറവോന്റെ സന്നദ്ധിയിൽ നിന്ന് പോയി അനന്തരം യോസെഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും കുടിപാർപ്പിച്ചു പറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രൈൻ ദേശത്തിലേക്കും നല്ല ഭാഗമായ രമസേസ് ദേശത്ത് അവകാശവും കൊടുത്തു യോസേഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പന്റെ കുടുംബത്തെ ഒക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിന് ഒത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസെഫ് മിസ്രൈൻ ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം യോസെഫ് പറവോന്റെ ഗ്രഹത്തിൽ കൊണ്ടുവന്നു മിസ്രയും ദേശത്തും കനാൻ ദേശത്തും പണമില്ലാതെയായപ്പോൾ മിസ്രൈമിയറൊക്കെയും യോസെഫിന്റെ അടുക്കൽ ചെന്നു ഞങ്ങൾക്ക് ആഹാരം തരേണം ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നതെന്തിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു അതിന് യോസെഫ് നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസെഫിന്റെ അടുക്കൽ കൊണ്ടുവന്നു കുതിര ആട് കന്നുകാലി കഴുത എന്നിവയെ യോസെഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു ആ ആണ്ടിൽ അവരുടെ കന്നുകാലികളെയെല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് ഞങ്ങളുടെ പണം ചെലവായി മൃഗക്കൂട്ടങ്ങളും യജമാനന് ചേർന്നു ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളുമല്ലാതെ യജമാനന്റെ മുമ്പാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യമാനനെ ഞങ്ങൾ മറയ്ക്കുന്നില്ല ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിനു മുമ്പിൽ എന്തിനു നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം ഞങ്ങൾ നിലവുമായി പറവോന് അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്തുതരേണം അങ്ങനെ യോസെഫ് മിസ്രൈമില് നിലമൊക്കെയും പറവോന് വിലയ്ക്കുവാങ്ങി ക്ഷാമം പ്രബലപ്പെടുകൊണ്ട് മിശ്രമർ തങ്ങളുടെ നിലം വിറ്റു നിലമെല്ലാം പറവോനായി ജനങ്ങളെയോ അവൻ മിശ്രയിം ദേശത്തിന്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടി നീക്കി പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് വോൻ അവകാശം കൽപ്പിച്ചിരുന്നു പറവോൻ അവർക്കു കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല യോസെഫ് ജനങ്ങളോട് ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും പറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വിത്ത് ഇതാ നിലം വിതച്ചു കൊൾവീൻ നിങ്ങൾ പറവോന് അഞ്ചിലൊന്ന് കൊടുക്കണം നാലോഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്നു പറഞ്ഞു അതിനവർ നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാനന് ഞങ്ങളോട് ദയുണ്ടായാൽ മതി ഞങ്ങൾ പറവോന് അടിമകളായിക്കൊള്ളാം എന്നു പറഞ്ഞു അഞ്ചിലൊന്ന് പറവോന് ചെല്ലണമെന്നിങ്ങനെ യോസെഫ് മിസ്രൈമിലെ നിലങ്ങളെ സംബന്ധിച്ചുവെച്ച ചട്ടം ഇന്നുവരെയും നടപ്പാകുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം പറവോന്ന് ചേർന്നിട്ടില്ല ഇസ്രയേൽ മിസ്രൈം രാജ്യത്തിലെ ഗോശൻ ദേശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ചു ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകിവന്നു യാക്കോബ് മിസ്രൈം ദേശത്തു വന്നിട്ട് പതിനേഴ് സംവത്സരം ജീവിച്ചിരുന്നു യാക്കൂബിന്റെ ആയുഷ്കാലം ആകെ നൂറ്റി നാൽപ്പത്തിയേഴ് സംവത്സരം ആയിരുന്നു ഇസ്രയേൽ മരിക്കാനുള്ള കാലമെടുത്തപ്പോൾ അവൻ തന്റെ മകനായ യോസെഫിനെ വിളിപ്പിച്ചു അവനോട് നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വയ്ക്കുക എന്നോട് ദയ്യം വിശ്വസ്ഥതയും കാണിച്ച് എന്നെ മിശ്രയിമിലടക്കാതെ ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ നിദ്രകൊള്ളുമ്പോൾ എന്നെ മിശ്രൈമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കേണം എന്നു പറഞ്ഞു നിന്റെ കൽപ്പനപ്രകാരം ഞാൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്നവൻ പറഞ്ഞു അവൻ സത്യവും ചെയ്തു അപ്പോൾ ഇസ്രയേൽ കട്ടിലിന്റെ തലയ്ക്കൽ നമസ്കരിച്ചു